അതോ ഇബ്രാഹിം അലൈ ഇസ്ലാമും ഇസ്മായിൽ അലൈ ഇലാമും ഇസ്ഹാഖ് അലൈ ഇസ്സലാമും യക്കൂബ് സന്തതികളും യഹൂദരോ ക്രൈസ്തവരോ ആയിരുന്നു എന്ന് നിങ്ങൾ പറയുകയാണോ പറയുക നിങ്ങളാണോ കൂടുതൽ അറിയുന്നവർ അതോ അള്ളാഹുസുബഹാനഹൂവ ചായാലയാണോ അള്ളാഹുവിൽ നിന്നുള്ള ഒരു സാക്ഷ്യം തന്റെ പക്കലുണ്ടായിട്ടും അത് മറച്ചുവെച്ചവനേക്കാൾ അക്രമിമറ്റാരുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹുസുബഹാനഹൂവ ചായാല അശ്രദ്ധനല്ല